രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഒന്ന് അഹബ് മരിച്ച ശേഷം മോവാപ്യർ ഇസ്രയേലിനോട് മത്സരിച്ചു അഹസ്യാവ് ഷമരിയയിലെ തന്റെ മാളികയുടെ കിളിവാതിലിൽ കൂടി ദീനം പിടിച്ചു അവൻ ദൂതന്മാരെ അയച്ചു ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് യക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് ചെന്ന് ചോദിപ്പീൻ എന്നവരോട് കൽപ്പിച്ചു എന്നാൽ യഹോവയുടെ ദൂതൻ തിഷ്യനായ ഏലിയാവോട് കൽപ്പിച്ചത് നീ എഴുന്നേറ്റ് ശമരിയ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട് ഇസ്രയേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിലെ ദേവനായ ബാൽസിബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ പോകുന്നത് ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവാ അരുളി ചെയ്യുന്നു എന്ന് പറ അങ്ങനെ ഏലിയാവോ പോയി ദൂതന്മാർ മടങ്ങിവന്നാറേ അവനവരോട് നിങ്ങൾ മടങ്ങിവന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് ഒരാൾ ഞങ്ങളെ എതിരേറ്റു വന്ന് ഞങ്ങളോട് നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇസ്രയേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽ അരുളപ്പാട് ചോദിപ്പാൻ ഇതുനിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവനോട് പറവീൻ എന്നു പറഞ്ഞു അവനവരോട് നിങ്ങളെ എതിരേറ്റു വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷമെന്ത് എന്ന് ചോദിച്ചു അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കിട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു അവൻ തിഷ്ഠനായ ഏലിയാവ് തന്നെയെന്ന് അവൻ പറഞ്ഞു പിന്നെ രാജാവ് അമ്പത് പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ അൻപത് ആളെയും അവന്റെ അടുക്കൽ അയച്ചു അവൻ അവന്റെ അടുക്കൽ ചെന്നു അവൻ ഒരു മലമുകളിൽ ഇരിക്കെയായിരുന്നു അവൻ അവനോട് ദൈവപുരുഷ ഇറങ്ങിവരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അമ്പത് പേർക്ക് അധിപതിയായവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ അമ്പതാളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആകാശത്തുനിന്ന് തീയിറങ്ങി അവനെയും അവന്റെ അമ്പത് ആളെയും ദഹിപ്പിച്ചുകളഞ്ഞു അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുത്തിനെയും അവന്റെ അമ്പതാളെയും അവന്റെ അടുക്കൽ അയച്ചു അവനു അവനോട് ദൈവപുരുഷ വേഗത്തിൽ ഇറങ്ങിവരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തുനിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ അമ്പതാളെയും ദഹിപ്പിക്കട്ടെ എന്നുത്തരം പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തുനിന്നിറങ്ങി അവനെയും അവന്റെ അമ്പതാളെയും ദഹിപ്പിച്ചു കളഞ്ഞു മൂന്നാമതും അവൻ അമ്പത് പേർക്ക് അധിപതിയായ പൊരുത്തനെയും അവന്റെ അമ്പതാളെയും അയച്ചു ഈ മൂന്നാമത്തെ അമ്പത് പേർക്ക് അധിപതിയായവൻ ചെന്ന് ഏലിയാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട് ദൈവപുരുഷനായുള്ളവേ എന്റെ പ്രാണനെയും നിന്റെ ദാസന്മാരായ ഈ അമ്പത് ആളുടെ പ്രാണനെയും ആദരിക്കണമേ ആകാശത്തു നിന്ന് തീയിറങ്ങി അമ്പത് പേർക്ക് അധിപതിമാരായ മുമ്പലത്തെ രണ്ടുപേരെയും അവരുടെ അമ്പതീത് ആളെയും ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ എന്നാൽ എന്റെ പ്രാണനെ ആദരിക്കണമേ എന്നപേക്ഷിച്ചു അപ്പോൾ യഹോവയുടെ ദൂതനേലിയാവോട് ഇവനോടു കൂടെ പോക അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവനെഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു അവനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അരുളപ്പാട് ചോദിപ്പാൻ ഇസ്രയേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ യക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത് ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് െ നിക്ഷരിക്കും ഏലയാവു പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി അവന് മകനില്ലായകകൊണ്ട് അവനു പകരം യഹോരാം യഹൂദ രാജാവായ യഹോഷാഫത്തിന്റെ മകനായ യഹോരാമിന്റെ രണ്ടാം ആണ്ടിൽ രാജാവായി അഹസ്യാവു ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ